ം മുപ്പത്തിനാല് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് ഇസ്രയേൽ മക്കളോട് നീ കൽപ്പിക്കേണ്ടതെന്തെന്നാൽ നിങ്ങൾ കനാൻ ദേശത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി വരുവാനിരിക്കുന്ന ദേശത്തിന്റെ അതിർത്തി ഇങ്ങനെ ആയിരിക്കണം തെക്കേ ഭാഗം സീൻ മരുഭൂമി തുടങ്ങി ഏതോമിന്റെ വശത്തുകൂടിയായിരിക്കണം നിങ്ങളുടെ തെക്കേ അതിർത്തി കിഴക്ക് ഉപ്പുകടലിന്റെ അറ്റം തുടങ്ങി ആയിരിക്കണം പിന്നെ നിങ്ങളുടെ അത് അക്രബീം കയറ്റത്തിന് തെക്കോട്ട് തിരിഞ്ഞ് സീനിലേക്ക് കടന്ന് കാതേശ് ബർണയുടെ തെക്ക് അവസാനിക്കണം അവിടെ നിന്ന് ഹസർ അദ്ദാർ വരെ ചെന്ന് അസ്മോനിലേക്ക് കടക്കണം പിന്നെ അതിർ അസ്മോൻ തുടങ്ങി മിസ്രൈൻ തോട്ടിലേക്ക് തിരിഞ്ഞ് സമുദ്ര തിങ്കൽ അവസാനിക്കണം പടിഞ്ഞാറോ മഹാസമുദ്രം അതിരായിരിക്കണം അത് നിങ്ങളുടെ പടിഞ്ഞാറെ വടക്കോ മഹാസമുദ്രം തുടങ്ങി ഹോർപർവ്വതം നിങ്ങളുടെ അതിരാക്കേണം ഹോർപർവ്വതം മുതൽ ഹമാരെ അതിരാക്കണം സെതാദിൽ ആ അതിർത്തി അവസാനിക്കണം പിന്നെ അതിർത്തി സിഫ്രോൻ വരെ ചെന്ന് ഹസാർ ഏനാനിൽ അവസാനിക്കണം ഇത് നിങ്ങളുടെ വടക്കേ അത് കിഴക്കോ ഹസാർ ഏനാൻ തുടങ്ങി ഷെഫാം വരെ നിങ്ങളുടെ അതിരാക്കേണം ഷെഫാം തുടങ്ങി ആ അത് അയ്യന്റെ കിഴക്കുഭാഗത്ത് റിബ്ല വരെ ഇറങ്ങിച്ചെന്നിട്ട് കിന്നേരത്ത് കടലിന്റെ കിഴക്കേക്കര തൊട്ടിരിക്കണം അവിടെ നിന്ന് യോർദാൻ വഴിയായി ഇറങ്ങിച്ചെന്ന് ഉപ്പുകടലിങ്കൽ അവസാനിക്കണം ഇത് ചുറ്റും നിങ്ങളുടെ ദേശത്തിന്റെ അതിരായിരിക്കണം മോശം ഇസ്രേൽ മക്കളോട് കൽപ്പിച്ചത് നിങ്ങൾക്ക് ചീട്ടിനാൽ അവകാശമായി ലഭിപ്പാനുള്ളതായി യഹോവ ഒമ്പതര ഗോത്രങ്ങൾക്ക് കൊടുപ്പാൻ കൽപ്പിച്ചിട്ടുള്ള ദേശം ഇതുതന്നെ രൂബേൻ ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും ഗാദ് ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും മനഷയുടെ പാതിഗോത്രത്തിനും താന്താങ്ങളുടെ അവകാശം ലഭിച്ചുവല്ലോ ഈ രണ്ടര ഗോത്രത്തിന് അവകാശം ലഭിച്ചത് കിഴക്കൻ പ്രദേശത്ത് യരിഹോവിന് കിഴക്ക് യോർദാനക്കരെ ആയിരുന്നു പിന്നെ യഹോവ മോശയോട് അരുളിച്ചെയ്തത് നിങ്ങൾ ദേശം വിഭാഗിച്ച് തരേണ്ടുന്നവരുടെ പേരുകൾ അവിത പുരോഹിതനായ എലയാസാരും നൂന്റെ മകനായ യോശുവയും ദേശത്തെ അവകാശമായി വിഭാഗിക്കേണ്ടതിന് നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രഭുവിനെയും കൂട്ടിക്കൊള്ളയാണ് അവർ ആരെല്ലാമെന്നാൽ യഹൂദ ഗോത്രത്തിൽ യഫൂന്നയുടെ മകൻ കാലേ ഷിമയോൻ ഗോത്രത്തിൽ അമ്മിഹൂദിന്റെ മകൻ ഷെമുവേ ബെന്യാമീൻ ഗോത്രത്തിൽ കിസ്ലോന്റെ മകൻ എലീദാദാൻ ഗോത്രത്തിനുള്ള പ്രഭു യോഗ്ലിയുടെ മകൻ ബുക്കി യോസഫിന്റെ പുത്രന്മാരിൽ മനഷിയുടെ ഗോത്രത്തിനുള്ള പ്രഭു യഫോദിന്റെ മകൻ ഹന്നിയൽ യഫ്രൈം ഗോത്രത്തിനുള്ള പ്രഭു ഷിഫ്താന്റെ മകൻ കെമുവേൽ ഷബുലുൻ ഗോത്രത്തിനുള്ള പ്രഭു പന്നാർക്കിന്റെ മകൻ എലിസഫാൻ ഇസാഖാർ ഗോത്രത്തിനുള്ള പ്രഭു അസാന്റെ മകൻ പൽത്തിയൽ ആഷിയർ ഗോത്രത്തിനുള്ള പ്രഭു ഷെലോമിയുടെ പുത്രൻ അഹിഹൂദ് നഫ്താലി ഗോത്രത്തിനുള്ള പ്രഭു അമ്മി ഹൂദിന്റെ മകൻ പെദഹേ ഇസ്രയേൽ മക്കൾക്ക് കനാൻ ദേശത്ത് അവകാശം വിഭാഗിച്ചുകൊടുക്കേണ്ടതിന് യഹോവ നിയമിച്ചവർ ഇവർ തന്നെ